പ്രിയപ്പെട്ടവരെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നമ്മുടെ ചിന്തയ്ക്കായിട്ടാ നോക്കാം വെളിപ്പാട് പുസ്തകം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം അഞ്ചാമധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട കരയേണ്ട യഹൂദഗോത്രത്തിലെ സിംഹവും ദാവീതിൻ്റെ പേരുമായവൻ പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും നടുവിലും ഊപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു ഇത് ഈ വെളിപ്പാട് പുസ്തകം ഈ ഭാഗത്തിന് പ്രത്യേകമായ പല നിലയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല രണ്ട് വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് എന്നോടൊന്ന് പറയുമ്പോൾ ഈ പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസലിനോട് യോഹന്നാനോട് പറയുക യോഹന്നാനെ കരയണ്ട യോഹന്നാൻ കരയാനൊരു കാരണമുണ്ടായിരുന്നു കാരണമെന്താ ആ ഏഴ് മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം ആ പുസ്തകം തുറക്കണം അതിൻ്റെ മുദ്ര പൊട്ടിക്കണം ഈ ഇതിന് യോഗ്യനായിട്ടാരുള്ളൂ എന്ന് ആ നിലയിലൊരു പ്രസ്താവന വന്നപ്പോൾ ഇതാ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിയുടെ കീഴിലോ ഒരാൾ പോലും അതിന് യോഗ്യനായിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ട് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ പുസ്തകം തുറക്കാൻ അതിന് പ്രാപ്തനായിട്ട് ആരുമില്ലല്ലോ എന്ന് കണ്ട് മനുഷ്യവംശത്തെ പ്രതിദാനം ചെയ്യുന്ന യോഹനാൻ താനെ കരഞ്ഞുപോയി ആരുമില്ലേ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലേ മാനവകുലത്തിനൊരു രക്ഷയില്ലേ എന്നുള്ള നിലയിൽ യോഹനാൻ കരഞ്ഞുപോയി കരഞ്ഞു പോയപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹനാനോട് പറയണ്ടു പറഞ്ഞു കരയേണ്ട കരയേണ്ട നീ കരയേണ്ട കാരണം എന്താ യഹൂദഗോത്രത്തിലെ സിംഹമായ ഒരുവൻ ആ തീർച്ചയായിട്ടും അവന് ഈ ഏഴ് മുദ്രയും തുറക്കത്തക്കവണ്ണം പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും തുറക്കത്തക്കവണ്ണം അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ആ സിംഹത്തെ കാണാനായിട്ട് യോഹനാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ കണ്ടതെന്താ അവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു രണ്ട് വാക്കുകളാണ് അഞ്ചും ആറും വാക്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് അഞ്ചാമത്തെ വാക്യത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ മൂപ്പൻ പറയുന്നു നീ കരയേണ്ട ഒരു സിംഹമുണ്ട് സിംഹമുണ്ട് അപ്പോൾ യോഹനാൻ എന്നാൽ ആ സിംഹത്തെ കാണാം എന്ന് വിചാരിച്ച് തിരിഞ്ഞപ്പോൾ കണ്ടതെന്താ കണ്ടത് ഒരു കുഞ്ഞാടിനെയാണ് സിംഹം എന്ന് മൂപ്പൻ പറഞ്ഞ കർത്താവായി യേശു ക്രിസ്തു യോഹനാൻ്റെ ദൃഷ്ടിയിൽ ഒരു കുഞ്ഞാടായിട്ട് അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് കണ്ടത് തുടർന്ന് നമ്മൾ കാണുന്നു അവർ ആ നിലയിൽ ആ പുസ്തകം വാങ്ങി അത് മുദ്ര പൊട്ടിക്കുന്നു നമുക്ക് അതുകൊണ്ട് നമുക്ക് സിംഹാസനത്തിലിരിക്കുന്നവനായ കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും എന്നുള്ള പുകഴ്ച അതൊക്കെ ഈ നമുക്കറിയാം ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരേ നമ്മുടെ ജീവിതത്തിൽ ചില രംഗങ്ങളിൽ നമ്മളെ കർത്താവിനെ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് സിംഹം എന്നുള്ള നിലയിലാണ് അവിടുന്ന് യഹൂദാഗോത്രത്തിലെ സിംഹമാണ് തീർച്ചയായിട്ടും അവിടുന്ന് സിംഹം തന്നെയാണ് പക്ഷേ നമ്മൾ തിരിയുമ്പോൾ ഈ കർത്താവിനെ കാണുമ്പോൾ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത് പലപ്പോഴും ഒരു കുഞ്ഞാടായിട്ടാണ് കാണുന്നത് നമ്മൾ കുഞ്ഞാടായിട്ട് കാണുന്ന കർത്താവ് അങ്ങനെ ആ അങ്ങനെ താൻ കുഞ്ഞാടായിട്ടിരിക്കുമ്പോൾ തന്നെ താന് ലോകത്തെ സംബന്ധിച്ചിടത്തോളം സിംഹവുമാണ് ഒരേ സമയം ഇത് രണ്ട് കാ രണ്ടുമാണ് അവിടുന്ന് കുഞ്ഞാടാണ് അതേസമയം തന്നെ അവിടുന്ന് സിംഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ പിൻപറ്റുന്ന ഈ കുഞ്ഞാടിനെ അതിൻ്റെ എല്ലാ വഴികളിലും പിൻപറ്റുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് നമുക്കെന്താ നമുക്ക് കരുണയുള്ള ദൈവം ആർദ്രതയുള്ള ദൈവം മനസ്സിലുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കരയുന്നവരോടുകൂടെ കരയുന്ന ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം സർവാശ്വാസങ്ങളുടെയും ദൈവം ഒരു കുഞ്ഞാടിനെ പോലെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്നാൽ ആ കുഞ്ഞാട് അവിടുന്ന് നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു സിംഹം എന്നുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ മറന്നുപോകും പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിലാശ്രയിക്കുന്നത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത് എന്താ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല നമുക്ക് ആകെപ്പാടെ ഒരാളെ അറിയുള്ളു അതാര കർത്താവ് കർത്താവിനെ മാത്രമേ അറിയുള്ളൂ കുഞ്ഞു ആ കർത്താവോ കർത്താവ് കാൽവരെ ക്രൂശില് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ആക്രൂശിക്കപ്പെട്ട് ഈ ലോകത്തൊരു പരാജയം പോലെ കടന്നുപോയ ഒരാളാണ് അല്ലേ എന്താ കർത്താവ് ഉയർത്തെഴുന്നേറ്റവും ഒക്കെ പറയുന്നത് കുറച്ച് ശിഷ്യന്മാരുടെ മാത്രം അറിവിലും വന്ന ഒരു കാര്യമാണ് ലോകചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവ് എന്താ കർത്താവ് രണ്ടായിരം വർഷം മുമ്പ് ക്രൂശിക്കപ്പെട്ടു മരിച്ചു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു വിശ്വാസമാണെങ്കിലും ഒരു ചരിത്ര സംഭവമായിട്ട് ലോകം അംഗീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവർ അങ്ങനെ നമ്മൾ ഒരളവിൽ ലോകം നോക്കുമ്പോൾ ഒരു പരാജയപ്പെട്ട ഒരാളെ പിന്തുടരുന്ന ആളുകളാണ് ആരും ആശ്രയമില്ലാത്തവരാണ് ഇവർക്കെന്താ ഇവരെ എങ്ങനെയും എന്ത് ചെയ്യാം എന്നൊക്കെയായിരിക്കും പലരും കരുതുന്നത് പക്ഷേ നമ്മളെ ഒന്ന് തൊട്ട് നോക്കണം അപ്പോൾ അപ്പോൾ അറിയാം നമ്മൾ പിന്തുടരുന്ന കുഞ്ഞാട് അവിടെ നിന്ന് എന്താണ് ഒരു സിംഹവുമാണ് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോടൊപ്പം നിൽക്കുന്ന യഹൂദാഗോത്രത്തിലെ സിംഹമാണ് ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മൊത്തത്തിലുള്ള കാര്യം ഇത്രയേ ഉള്ളൂ എന്നാൽ നമുക്ക് നമ്മൾ നമുക്ക് സന്തോഷത്തിനായിട്ട് കർത്താവിൻ്റെ കുഞ്ഞാട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ദൈവവചനത്തിൽ നിന്ന് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടും ഒക്കെ സമയമെടുക്കാമല്ലോ നമ്മളവിടെ കാണുക ഈ യോഹനാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ യോഹനാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കുഞ്ഞാടാണ് കുഞ്ഞാടിനെ കണ്ടു എന്നു മാത്രമല്ല കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു കുഞ്ഞാട് അവിടുന്ന് കാൽവരക്രൂശിലെ തകർക്കപ്പെട്ട ഒരു നിലയിലാണ് താനെ നിൽക്കുന്നത് നമ്മൾ കുഞ്ഞാട് അതിനെ അറുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓർമ്മ പെട്ടെന്ന് പഴയ നിയമത്തിലേക്ക് കടന്നുപോകും പഴയ നിയമത്തിൽ എന്തായിരുന്നു ഒരു കുഞ്ഞാടെന്തിനു വേണ്ടിയായിരുന്നു പഴയ നിയമത്തിൽ അറുക്കപ്പെടേണ്ടത് ലേവ്യാ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ലേവിയ പുസ്തകം പതിനാറാമധ്യായം പതിനാറാമധ്യായമാണ് ആടുകൾ മാനവരാശിയുടെ പാപത്തിനു വേണ്ടി അറുക്കപ്പെടുന്നതിനെക്കുറിച്ചും ഒക്കെയും വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ബൈബിളിലെ ഒരു ഒരു അധ്യായമാണ് ലേവ്യാ പുസ്തകത്തിൻ്റെ പതിനാറാമത്തെ അധ്യായം അവിടെ ഇതാ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പാപയാഗത്തിൻ്റെ കോലാട്ടുകോറ്റനെ ആടാണ് കുഞ്ഞാടാണ് കോലാട്ടുകോറ്റൻ എന്ന് പറയുമ്പോൾ അതൊരു കുഞ്ഞാടാണ് അതിനെ അറുത്ത് രക്തം തിരശീലയ്ക്കകത്ത് കൊണ്ടുവന്നത് കൊണ്ടുവന്നു എന്ന നമ്മൾ വായിക്കുന്നു അവിടെ കുഞ്ഞാട് അറുക്കപ്പെട്ടു കുഞ്ഞാട് അറുക്കപ്പെട്ടു യോഹനാം കണ്ടത് എന്താ യോഹനാൻ കണ്ടത് ഇങ്ങനെ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് പ്രാഥമികമായിട്ടും നമ്മുടെ പാപത്തോടുള്ള ബന്ധത്തിൽ അവിടുന്ന് ചെയ്ത ക്രമീകരണമാണ് അവിടുന്ന് അറുക്കപ്പെട്ടു എന്നുള്ളത് പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഒരു പ്രായശിത്ത ദിവസത്തിൽ അവർ ചെയ്യുന്ന ബലികളെക്കുറിച്ചാണ് ഈ ലേവിയ പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിലെ പറയുന്നത് പ പതിനാറാമധ്യായം അത് മുഴുവൻ നമുക്ക് വായിച്ചു നോക്കാനായിട്ട് സമയമില്ല എങ്കിലും അതിൻ്റെ അകത്തെ പ്രസക്തമായ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിൻ്റെ പതിനാറിൻ്റെ പതിനൊന്ന് മുതൽ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത് നമ്മൾ വായിക്കുന്നില്ല അവിടെ അഹരോൻ അഹരോൻ പാവയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായ ചിത്തം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാവയാഗത്തിൻ്റെ കാളയെ അറുക്കണം കണ്ടോ ഇവിടെ എന്താ അറുത്തത് ഇവിടെ ആടിനെയല്ല കാളയാണ് അറുത്തത് ലേവ്യാ പുസ്തകം പതിനാറിൻ്റെ മുതൽ പതിനാല് വരെ ഒരു കാളയെ അറുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് എന്താ ഈ ജനത്തിനു വേണ്ടി ഇസ്രായേൽ ജനത്തിനു വേണ്ടി യാഗം കഴിക്കാൻ നിൽക്കുന്ന പുരോഹിതൻ ഒന്നാമതെന്തോ ചെയ്യണം ഒന്നാമത് തൻ്റെ പാപത്തിനു വേണ്ടി എന്ത് ചെയ്യണം ഒരു യാഗം കഴിക്കണം അങ്ങനെ യാഗം കഴിക്കുമ്പോൾ താൻ എന്തിനെയാണ് കൊണ്ടുവരേണ്ടത് താൻ ഒരു കാളയെ ആണ് കൊണ്ടുവരേണ്ടത് ഒരു കാളയെ യാഗം കഴിക്കുന്നു ആ കാളയെ യാഗം കഴിച്ചത് ഇസ്രായേൽ ജനത്തിനു വേണ്ടിയാണോ അല്ല അല്ല ഇസ്രായേൽ ജനത്തിനു വേണ്ടിയല്ല ദൈവസന്നിധിയിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി യാഗം കഴിക്കാൻ ചെന്ന പുരോഹിതൻ ഒന്നാമത് അതിന് യോഗ്യനാകണം അങ്ങനെ യോഗ്യനായില്ലെങ്കിൽ അവൻ എന്ത് പറ്റും ദൈവത്തിൻ്റെ ഷെക്കൈനെയാണ് അവിടെ ആ തിരുനിവാസത്തിലുള്ളത് അതിനടുത്തേക്ക് വളരെ ഭയഭക്തിയോടെ മാത്രമേ കടന്നു വരാവൂ അവന് ആ അടുത്ത് വരുന്ന ആളിൻ്റെ പാപത്തിന് പരിഹാരമുണ്ടാവണം വലിയവനായി ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഒട്ടും സഹിക്കാനൊക്കാത്ത കാര്യമെന്ന് പറയുന്നത് പാപമാണ് നമ്മൾ ഈയോബിൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യം കാണുന്നുണ്ട് സ്വർഗം പോലും കണ്ണിന് നിർമ്മലമല്ലല്ലോ എന്നാണ് ദൈവത്തെക്കുറിച്ച് യ്യോബ് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് സ്വർഗം എത്ര നിർമ്മലം എന്നല്ലേ എന്നാൽ സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ലോ മനുഷ്യൻ പിന്നെങ്ങനെയാണ് ദൈവമേ നിൻ്റെ മുമ്പാകെ നിർമ്മലനാകുന്നത് അവൻ അവൻ ജനനാൽ പാപിയാണ് അങ്ങനെയുള്ള പാവിയായ മനുഷ്യൻ ഇവിടെ ഇതാ അഹരോന് അഹരോൻ യാഗം കഴിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ആ കോണ്ടസ്റ്റ് അതിൻ്റെ പതിനാറാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിലെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ വായിച്ചാൽ നടുങ്ങിപ്പോകുന്ന ഒരു രംഗമാണ് അഹരോൻ്റെ പതിനാറിൻ്റെ ഒന്നാമത്തെ വാക്യം ലീവേ പുസ്തകം പതിനാറിൻ്റെ ഒന്ന് അഹരോൻ്റെ രണ്ട് പുത്രന്മാർ യഹോയുടെ സന്നദ്ധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചു ശേഷം ഈ ഹോ മോശയോടെ അഗ്ലി ചെയ്തു നിന്ന അഹരോൻ്റെ രണ്ടു പുത്രന്മാർ വേണ്ടത്ര ഗൗരവമില്ലാതെ പുരോഹിതന്മാർ എന്നുള്ള നിലയിൽ ദൈവസന്നിധി ചെന്നപ്പം ദൈവം എന്തോ ചെയ്തു അവരെ അവരെ കൊന്നുകളഞ്ഞു കാരണം അവർ ഈ കാര്യം ദൈവസന്നിധിയിൽ വേണ്ട വിശുദ്ധിയോടെ കടന്ന് ചെല്ലാതെ ഗൗരവത്തോടെ ചെന്നപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങൾ പുരോഹിതന്മാരല്ലേ എന്ന് വിചാരിച്ച് ട്വക്കിറ്റാസ് ഗ്രാൻഡ് ആയിട്ട് എടുത്ത് അവർ ചെന്നു പക്ഷേ അവരെ രണ്ടുപേരെയും ദൈവം ദൈവത്തിൻ്റെ തേജസ് അവരെ സംഹരിച്ചു കളഞ്ഞു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നടുക്കമുണ്ടാക്കിയ സംഭവമാണ് കാരണം ഈ വലിയവനായ ദൈവത്തിനിടയ്ക്ക് ഈ ജനത്തിനും ദൈവത്തിനും ഇടയ്ക്ക് നിൽക്കേണ്ടവരാണ് പുരോഹിതന്മാർ ആ പുരോഹിതന്മാർ തന്നെ രണ്ട് പേര് രണ്ട് മക്കൾ ചെന്നിട്ട് അവരെ വിശുദ്ധനായ ദൈവം സംഹരിച്ചു കളഞ്ഞൂന്ന് കണ്ടപ്പോ ജനം പേടിച്ചു എങ്ങനെ ഈ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ കഴിയും അങ്ങനെ ജനം പേടിച്ചപ്പോൾ ദൈവം അതിനുള്ള ഒരു പോംവഴി ഒക്കെയും വ്യക്തമാക്കുന്നതാണ് നമ്മൾ ലേവിയ പുസ്തകം അതിൻ്റെ പതിനാറിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യത്തിൽ പറയുന്നത് ഒന്നാമത് ഈ യാഗം കഴിക്കാനായിട്ട് നിയുക്തനായ പുരോഹിതൻ തന്നെ അത് അഹരോനാകാം അഹരോൻ്റെ അവശേഷിക്കുന്ന ഒരു മകനാകാം മക്കൾ ആരെങ്കിലും ആകാം ഇങ്ങനെ ആര് ചെന്നാലും അവരെന്തോ ചെയ്യണം ഒന്നാമത് തങ്ങളുടെ പാപത്തിന് വേണ്ടി അതിൻ്റെ പ്രായച്ചിത്വത്തിന് വേണ്ടി ഒരു കാളയെ അറുക്കണം ഇതാണ് പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നു അത് അത് കഴിഞ്ഞിട്ട് ഇതാ അതിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി അറുക്കപ്പെടുന്ന കുഞ്ഞാടിനെയാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ നേരത്തെ പുരോഹിതൻ്റെ പാപത്തിനു വേണ്ടി അറുക്കപ്പെട്ടതൊരു കാളയാണ് എന്നാൽ നമുക്ക് ഭാഗം വിടാം നമുക്ക് ജനത്തിനോടുള്ള ബന്ധത്തിൽ ജനത്തിൻ്റെ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ക്രമീകരണത്തെ നമുക്ക് നോക്കാം ജനത്തിൻ്റെ ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്തേക്കുന്ന ക്രമീകരണം രണ്ട് ആട്ടുംകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൽ ഒരു കാര്യമാണ് നമ്മളതിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യത്തിൽ കാണുന്നത് ഒരു ആട്ടുംകുട്ടിയെ ഇവിടെ കാളയല്ല ആട്ടുംകുട്ടിയാണ് ഈ ആട്ടുംകുട്ടിയെ എന്തു ചെയ്യണം ഈ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് അവിടെ അറുക്കണം അറുക്കണം അറുത്ത് അതിൻ്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് അത് തളിച്ച് അങ്ങനെ ആ ജനത്തിൻ്റെ പാപത്തിന് ഒരു പ്രായച്ചിത്തം അങ്ങനെ പ്രായച്ചിത്തമാകുന്ന ഒരു ആടിനെക്കുറിച്ചാണ് നമ്മൾ പതിനാറിൻ്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നത് പക്ഷേ മറ്റൊരാടിനെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട് ഏ നമ്മളീ ഭാഗങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ ഇതൊക്കെ നിഴല് മാത്രമാണ് നമ്മളെന്തിനാണ് ഈ ഇസ്രായേൽ മക്കളുടെ യാഗത്തെക്കുറിച്ചും അവർ കൊണ്ടുവരുന്ന ആടിനെ കുറിച്ചുമൊക്കെ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിൽ നിന്നൊക്കെ നമുക്ക് ആത്മീയ പാഠങ്ങൾ എടുക്കാനായിട്ട് കഴിയും കാരണം ഇതൊക്കെ നിഴലാണ് ഇതിൻ്റെ പൊരുളാണ് കർത്താവിൽ പൂർത്തീകരിച്ചത് അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന നമ്മൾ ഈ പഴയ നിയമം ദൈവം നമുക്ക് തന്നിട്ടുള്ളിടത്തോളം അതിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആൽമീകമായ ഉന്നമനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലർ പറയാറുണ്ട് ഏഹ് ഈയിടെ ഒരു ആൾ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാനെ കേട്ടു ഉള്ളതാണോ എന്ന് അറിഞ്ഞുകൂടാ ഈ ബൈബിൾ എടുത്തിട്ട് അതിൻ്റെ പുതിയ നിയമം മാത്രം എടുത്ത് കാണിച്ചു ഇതാണ് നമുക്കുള്ളത് എന്നിട്ട് മറ്റേത് മറ്റേതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പറഞ്ഞു കേട്ടത് അദ്ദേഹം പറഞ്ഞത്രേ ഇത് കത്തിക്കണം എന്ന് പറഞ്ഞത്രേ എന്നുവെച്ചാൽ പഴയ നിയമം നമുക്കുള്ളതല്ല അത് ഇസ്രായേലിനുള്ളത് ഇതൊന്നും എടുത്തുകൊണ്ട് നടക്കണ്ട അതിന്നൊന്നും പ്രസംഗിക്കേണ്ട എന്നുവരെ പറഞ്ഞു എന്നാണ് കേട്ടിട്ടുള്ളത് പുതിയ പുതിയ ചിന്തകളൊക്കെ വരികയാണല്ലോ പ്രിയപ്പെട്ടവരെ എന്നാൽ നമ്മൾ ഈ ബൈബിളിനെ അറുപത്താറ് പുസ്തകമുള്ള ഈ ബൈബിൾ ദൈവനിശ്വാസ്യമായ ഈ പുസ്തകം ഇതിൻ്റെ മുപ്പത്തൊൻപത് പുസ്തകങ്ങളെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല അത് നമുക്കുള്ളതല്ല പ്രാഥമികമായിട്ടും ഇസ്രായേലിൻ്റെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതും അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതുമാണെങ്കിലും ഇസ്രായേലിൽ നിന്നാണ് കർത്താവ് വന്നത് പുതിയ നിയമം പഴയ നിയമത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നുള്ളത് കൊണ്ട് പഴയ നിയമത്തിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന ആത്മീയ ബോധ്യങ്ങളെ നമ്മൾ എടുക്കണം അല്ലാതെ പഴയ നിയമം നമ്മുടേതല്ല എന്ന് പറയുന്ന ആ തെറ്റായ ഉപദേശത്തിലേക്കല്ല നമ്മൾ പോകുന്നത് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് അതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുക്കണം ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവരുടെ മുമ്പിലും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പാപം എന്ന് പറയുന്നതൊരു പ്രശ്നമായിരുന്നു ആ പാപത്തിന് പരിഹാരം കാണാതെ ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാനായിട്ട് കഴിയില്ല അതുകൊണ്ട് അവർ പ്രായച്ചത്തെ ദിവസത്തിൽ ഒന്നാമത് അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഒരു ആടിനെ അറുത്ത് യാഗം കഴിച്ച് അതിൻ്റെ രക്തം ആ തിരുനിവാസത്തിൽ തളിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പതിനാറിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ചെയ്യാൻ നിയുക്തനായ പുരോഹിതൻ അതിനു മുമ്പ് സ്വന്തം പാപത്തിനു വേണ്ടി കാളയെ യാഗമർപ്പിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് പോട്ടെ നമ്മൾ അതിൻ്റെ ജനത്തോടുള്ള ബന്ധത്തിലുള്ള പാപ പരിഹാരം ആ കാര്യത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത് അറുക്കപ്പെട്ട കുഞ്ഞാട് കുഞ്ഞാട് എന്തിനാണ് അറുക്കപ്പെട്ടത് ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് അറുക്കപ്പെട്ടത് ആ അറുക്കപ്പെട്ട കുഞ്ഞാട് അതിൻ്റെ ചിത്രമാണ് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ നമ്മൾ വായിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ആടിനെക്കുറിച്ച് മാത്രമല്ല നമ്മളവിടെ കാണുന്നത് നമ്മൾ അത്ര പലപ്പോഴും ശ്രദ്ധിക്കാത്ത മറ്റൊരാടുകൂടെ ഈ അധ്യായത്തിൽ വരുന്നുണ്ട് അതിൻ്റെ പതിനാറിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വേറൊരാടിനെ കൂടെ ആദ്യം ഒരാടിനെ ജനത്തിനുവേണ്ടി യാഗം കഴിച്ചു രണ്ടാമതൊരാടിനെ ആ ആട്ടുകൊറ്റൻ്റെ തലയിൽ അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യം നോക്കാം ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റൻ്റെ തലയിൽ അഹരോൻ കൈരണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റു പറഞ്ഞ് ഈ കുഞ്ഞാടിൻ്റെ തലയിൽ അതിനെ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം കോലാട്ടുകോറ്റൻ അവരുടെ കുറ്റങ്ങളെയൊക്കെയും ശൂന്യ പ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം അവൻ കോലാട്ടുകോറ്റനെ മരുഭൂമിയിൽ വിടണം കണ്ടോ നമ്മൾ പലപ്പോഴും ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ആ ആ ആടിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാൽ അവിടെ വേറൊരാടുകൂടുണ്ട് ഈ യാഗം കഴിച്ച് അതിൻ്റെ രക്തം ആ നിലയിൽ തിരുനവാസത്തിലെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പുരോഹിതൻ എന്തോ ചെയ്യുന്നു ഈ ജനത്തിൻ്റെ പാപമൊക്കെ മറ്റൊരു ആടിൻ്റെ തലയിൽ വെച്ച് അതിൻ്റെ മേൽ ഇതെല്ലാം ചുമത്തിയിട്ട് ഈ ആടിനെ എന്തോ ചെയ്യുന്നു ഈ ആടിനെ മരുഭൂമിയിലേക്ക് അങ്ങുകള അത് ഈ ജനത്തിൻ്റെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് മരുഭൂമിയിൽ അങ്ങ് അകലേക്ക് അകലേക്ക് അകലേക്ക് അങ്ങ് പോകുന്നു ഇങ്ങനെ ഒരു സംഭവം കൂടെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഭാഗം അതിൻ്റെ പ പതിനാറിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഈ രണ്ട് ആടിനെ എടുക്കുമ്പം ഒരാടിനെ അറുക്കുന്നതും മറ്റേ ആടിനെ മരുഭൂമിയിലേക്ക് അയക്കുന്നതിനേയും കുറിച്ചൊക്കെയും നമ്മൾ കാണുന്നത് അതിൻ്റെ എട്ട് മുതൽ എട്ടു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നോക്കുക പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്നൊരു ചീട്ടും അസസേലിന് എന്നൊരു മറ്റൊരു ചീട്ടും ഇങ്ങനെ രണ്ട് കോലാട്ടുകോറ്റനും ചീട്ടിടണം അപ്പോൾ രണ്ട് ആട്ടിൻകുട്ടികളെ രണ്ട് കോലാട്ടുകോറ്റന്മാരെയാണ് ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് ഇതിനെ രണ്ടിനെയും നിർത്തിയിട്ട് രണ്ടിനും വേണ്ടി ചീട്ടിടണം ചീട്ട് വീണത് യഹോവയ്ക്ക് ഉള്ള ചീട്ടുവീണ കോലാട്ടുകോറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം ഒൻപതാമത്തെ വാക്യം പത്താമത്തെ വാക്യം അസസലിന് ചീട്ട് വീണ കോലാട്ടുകോറ്റനെയോ അതിനാൽ പ്രായച്ചിത്തം കഴിക്കേണ്ടതിനും അതിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിന് യഹോയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം ഇങ്ങനെ ജീവനോടെ നിർത്തുന്ന ആ പിന്നീട് അഹരോൻ കൈരണ്ടും അതിൻ്റെ തലയിൽ വച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും അതിൻ്റെ മേൽ ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് അയയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ പറഞ്ഞു വന്നത് നമുക്ക് നമുക്ക് വേണ്ടി കർത്താവായി യേശു ക്രിസ്തു പാപയാഗമായി എന്ന് പറയുമ്പോൾ തന്നെ പാപത്തെ ദൈവം എത്ര ഗൗരവമായിട്ടാണ് കാണുന്നത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കൊണ്ടുവന്ന് അതുകൊണ്ട് മാത്രം ദൈവം തൃപ്തിപ്പെടാതെ രണ്ടാമത് മറ്റൊരു ആടിനെ അതിന് ഈ രണ്ടാട്ടിൻ കുട്ടികളിൽ ഏതിനെയാണ് അറുക്കേണ്ടത് ഏതിനെയാണ് മരുഭൂമിയിലേക്ക് വിടേണ്ടതെന്നുള്ളത് ചീട്ടിട്ടാണ് തീരുമാനിക്കുന്നത് ചീട്ടിട്ട് തീരുമാനിക്കുന്നു യഹോവിക്കുന്ന ചീട്ട് വീണ് അതിനെ എന്ത് ചെയ്യുന്നു അതിനെ പാപയാഗമായിട്ട് അറുത്ത് ഇസ്രായേൽ മക്കളുടെ പാപത്തിന് പരിഹാരം കാണുന്നു എന്നാൽ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ രണ്ടാമത്തെ ആടിനെ ജീവനോടിരിക്കുന്ന ആടിൻ്റെ മേൽ ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങളും കുറ്റങ്ങളും ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് അങ്ങ് വിടുക ചെയ്യുന്നു അതങ്ങ് അകന്നകന്ന് അങ്ങ് പോകുന്നു അത് പോയ വഴിക്ക് ചിലപ്പോൾ വല്ല വന്യമൃഗങ്ങൾ പിടിച്ച് ക തിന്നോ നമുക്കറിയില്ല ഏതായാലും അത് ഈ ജനത്തിൻ്റെ പാപങ്ങളും വഹിച്ചുകൊണ്ട് അകലേക്ക് അകലേക്ക് അകലേക്ക് പോകുമ്പോൾ ഇസ്രായേലിനെന്തുണ്ട് ഇസ്രായേലിന് സന്തോഷമുണ്ട് അവൻ എന്തു ചെയ്യുന്നു ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എന്നുള്ള വലിയ ഉറപ്പും കൂടെയാണ് അവർക്ക് ലഭിക്കുന്നത് കണ്ടോ ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടി പാപയാഗമായി എന്നുള്ളത് തന്നെ അവർക്ക് വലിയ ധൈര്യവും ഉറപ്പുമാണ് എന്നാൽ അവിടെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ദൈവം എന്ത് ചെയ്യുന്നു അവരുടെ പാപങ്ങളെ അവരിൽ നിന്ന് അകറ്റി മരുഭൂമിയിലേക്ക് ഒരു ആടിനെയാൽ അയയ്ക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും കർത്താവായി യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ് നമ്മൾ പറയുന്ന കുഞ്ഞാടിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ് പാപയാഗമായിട്ട് യേശു അറുക്കപ്പെട്ടു അത് നമുക്കറിയാം നമുക്കറിയാം റോമർക്കെഴുതിയ ലേഖനത്തിൽ കർത്താവായ യേശു നമുക്ക് വേണ്ടി പാപയാഗമായി റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുക എല്ലാവരും പാപം ചെയ്തു എല്ലാവരും പാപം ചെയ്തു ദൈര് ഇല്ലാത്തവരായി തീർന്നു അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത് കണ്ടോ ഈ ഇസ്രായേൽ മക്കൾ അവർക്ക് ഒരു കുഞ്ഞാട് യാഗമായപ്പോൾ അതിൻ്റെ അകത്തെ വേദന മുഴുവൻ അതിൻ്റെ പ്രയാസം മുഴുവൻ അതിൻ്റെ അകത്തെ ജീവത്യാഗം മുഴുവൻ ആരാ അനുഭവിച്ചത് ആടാ അനുഭവിച്ചത് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു അവരുടെ കുറ്റത്തെ ഈ ആടിൻ്റെ മേലാരോപിച്ചു ആടിനെ അർത്തപ്പോൾ അവരുടെ പാപത്തിനാണ് ഇസ്രായേലിൻ്റെ പാപത്തിനാണ് പരിഹാരമായത് നമ്മളെ സംബന്ധിച്ചോ പ്രിയപ്പെട്ടവരെ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഈ മതത്തിൽ നിന്ന് എത്രയോ വ്യത്യാസമാണ് യഥാർത്ഥ ക്രിസ്തീയത ക്രിസ്തീയതയിൽ എന്തില്ല ക്രിസ്തീയതയിൽ ദൈവം നമ്മളെ വിളിച്ച് അവൻ നമ്മളെ വിരുന്നു വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊരു പ്രയോഗമുണ്ട് പലപ്പോഴും യഥാർത്ഥ സഭയിൽ ഇത്രയും സൗകര്യമുള്ള ആളുകൾ വേറെ വലിയൊരു ഉണ്ടോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എന്തിൻ്റെ കുറവുണ്ടോ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടോ നമ്മൾ പാപം ദൈവത്തിൽ നിന്ന് അന്യരായിരുന്നു പക്ഷേ ആ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് എന്ത് ചെയ്തു ഒരു കുഞ്ഞാട് രണ്ടായിരം വർഷം മുമ്പ് തന്നെ റുക്കപ്പെട്ടു അതിൽ വിശ്വസിച്ച് നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ വന്നിരിക്കാനായിട്ട് കഴിയും നമുക്കതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മുതൽ പുടക്കുണ്ടോ നമ്മളൊന്നും ചെയ്യണ്ട ഈ പൗരോഹിത്യസഭകളിലോ മതത്തിലോ ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ ചില വിലകളിലും കൊടുക്കണം അവരവരുടേതായ ചില ത്യാഗങ്ങളും ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ നിങ്ങൾ സമയമുള്ളപ്പോൾ ഇവിടെ ചില രസമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും അവിടെ ഇവിടെ നമ്മൾ കാണുന്ന കാറയിലൊക്കെ വരുന്ന വലിയ വലിയ ആളുകളെല്ലാം കാർ അവിടെ നിർത്തി ഏകദേശം ഒരു കിലോമീറ്ററോളം ഈ റോഡിലൂടെ കൈയും കാലും നിലത്ത് കുത്തി നീന്തി നീന്തി നീന്തി ചെന്ന് അവിടെ പള്ളിക്കകത്ത് എന്ന് ആ കുരിശേൽ മുത്തുമ്പോൾ അവർക്കൊരു സന്തോഷവും ഞങ്ങളുടെ പാപം പാപം പരിഹരിക്കപ്പെട്ടു പക്ഷേ അതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്താ മനോഭാവം ഞങ്ങളുടെ പാപത്തിന് ഞങ്ങളാ ഉത്തരവാദി അതിന് ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് നീന്തേണ്ടത് ഈ റോഡിലൂടെ നീന്തി ഞങ്ങളുടെ കൈയിലെയും മുട്ടയിലെയും തൊലിയും ഒക്കെ പോകുമ്പോൾ ഞങ്ങളതിനൊരു വില കൊടുത്തു എന്നാ ഇവിടോ ഇവിടാ എന്തെങ്കിലും കാര്യത്തിന് നമ്മുടെ ഭാഗത്തു നിന്നൊരു ത്യാഗമനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ വേണ്ട ത്യാഗം മുഴുവൻ ആരനുഷ്ഠിച്ച് കഴിഞ്ഞു കുഞ്ഞാട് ഏറ്റു കഴിഞ്ഞു ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാവങ്ങളുടെ പരിഹാരത്തിനായിട്ട് അഹരോൻ ഈ യാഗമെല്ലാം നടത്തുമ്പോൾ ഇവർ പുറത്ത് കാത്തു നിൽക്കുക കാത്തു നിൽക്കുമ്പോൾ അവർക്കൊരു പ്രയാസമില്ല അവർക്ക് വേണ്ടി ഈ ജീവത്യാഗോ ഇതിൻ്റെ കഷ്ടപ്പാടും ചോരയൊഴിയുന്നതും എല്ലാം ആര് സഹിക്കുന്നു ഒരു കോലാട്ടുകോറ്റൻ ഒരു കുഞ്ഞാട് സഹിക്കുന്നു അതാണവിടെ നടക്കുന്നത് ഇവിടെ നമ്മളത് വായിച്ചു വന്നത് അതിൻ്റെ ഇരുപത്തി വാക്യം എല്ലാവരും പാപം ചെയ്തു നമ്മളെല്ലാവരും പാവികളാണ് നമ്മളാണ് പാവികൾ പക്ഷേ നമ്മളാണ് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നത് പക്ഷേ ക്രിസ്തുവേശുമെങ്കിലെ വീണ്ടെടുപ്പ് മൂലം നമ്മളെങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്നാണ് നമ്മളിവിടെ വായിച്ചത് സൗജന്യമായി സൗജന്യമായി അതിൻ്റെ അകത്ത് ഒരു മുതൽ മുടക്കില്ല അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ത്യാഗമില്ല നമ്മുടെ കൈയിലെയോ മുട്ടയിലെയോ തൊലി പോകുന്ന പ്രശ്നമില്ല കാരണം ഇത് വിശ്വാസത്താൽ സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുന്നു അടുത്ത വാക്യം ഇരുപത്തി വാക്യം വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു അവനെയെന്ന് പറയുമ്പോൾ ആരെയാണ് കർത്താവായ ക്രിസ്തുവിനെ ആ കുഞ്ഞാടിനെ ആ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുകയാണ് എന്തിനു വേണ്ടി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവം തൻ്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്ക വിടുക നിമിത്തം താൻ നീതിയെ പ്ര താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതികരിക്കുന്നവനുമാകേണ്ടതിന് കണ്ടോ വിശ്വാസമെന്ന് പറയുന്ന ഒരൊറ്റ ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായിട്ടാണ് ദൈവം രക്ഷാക്രമീകരിച്ചേക്കുന്നത് ഇതിൻ്റെ പ്രയാസവും കഷ്ടപ്പാടും മുഴുവൻ ദൈവം ഏറ്റെടുത്തു കർത്താവ് ഏറ്റെടുത്തു നമ്മളെ എന്താ നമുക്ക് വരിക വിരുന്ന് വീട്ടിലേക്ക് വരിക വരിക ഇരിക്കുക സന്തോഷിക്കുക കൈ ഉയർത്തുക ദൈവം നീ ഞങ്ങളെ വിടുവിച്ചല്ലോ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഏ സന്തോഷിക്കുന്ന പാട്ട് മുഴുവൻ നമുക്ക് അതിൻ്റെ വിഷമമുള്ള ഭാഗം മുഴുവൻ ആർക്ക് ദൈവത്തിന് ഇങ്ങനൊരു ക്രമീകരണമുണ്ടോ പലപ്പോഴും ഈ രക്ഷയുടെ ഇത്ര വലിയ രക്ഷ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളങ്ങ് നമ്മൾ ചെറുപ്പം മുതലേ ഇതൊക്കെ സൺഡേ സ്കൂളിലൊക്കെ കേട്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഗൗരവം പലപ്പോഴും നമുക്ക് തോന്നുകയില്ല ആ വന്നു ഞായറാഴ്ചയായി എന്നാൽ അവിടെ പോക്കളെ എന്നൊക്കെ അങ്ങ് റൊട്ടീനിന്റെ ഭാഗമായി മാറിയിരിക്കുക നമ്മുടെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീർന്നിരിക്കുക എന്നാൽ ഇതുപോലെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് അയ്യോ ഇത് ഇത്ര വലിയ രക്ഷയാണല്ലോ ലോകത്തെവിടെയെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ പരിഹാര ആ തെറ്റിന് ആ ചെയ്ത ആളിനൊരു ഉത്തരവാദിത്വമുണ്ട് ഇല്ലേ അതിൻ്റെ പരിഹാരം ആ ആളാണ് വരുത്തണ്ടത് ആ ആളാണ് അതിന് ആൻസറബിൾ എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിലപാടോ നമ്മളിതിനൊന്നും ആൻസറബിൾ അല്ല അത് മുഴുവൻ തന്നെ നമ്മൾ ആരുടെ മേൽ ചുമത്തി ഈ കുഞ്ഞാടിൻ്റെ മേൽ ചുമത്തി കുഞ്ഞാട് അറുക്കപ്പെടുമോ എന്തുവാന്ന് വെച്ചാൽ ഇതൊട്ടേ നമ്മൾ വിരുന്നു വീട്ടിൽ വന്നിരിക്കുന്നു നമ്മുടെ മേൽ പിടിച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെ കൊടിയാണ് ഓക്കെ ഓക്കെ ഇത്ര ഇത്രയും സൗകര്യമുള്ള ആളുകളുണ്ടോ ഇതിൻ്റെ നന്ദി പലപ്പോഴും നമുക്കുണ്ടോ നമ്മളിതിനെ പലതന്നെയും അങ്ങ് നിത്യസാധാരണ കാര്യമായിട്ടങ്ങ് കാണുകയല്ലേ സൗജന്യമായിട്ടത്രേ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുന്നത് എന്ന ആ കാര്യത്തിൻ്റെ ഗൗരവം അത് നമുക്ക് തരുന്ന സൗകര്യങ്ങൾ നമ്മൾ വേണ്ടതുപോലെ കണ്ടിട്ടുണ്ടോ നമുക്ക് ആ നന്ദിയുണ്ടോ പ്രിയപ്പെട്ടവര് ഇതാണ് നമ്മൾ കർത്താവായി യേശു ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് നമുക്ക് വേണ്ടി പ്രായച്ചിത്തമായി പ്രായശിത്തമായി അവിടുന്ന് അവിടുത്തെ രക്തം എന്തു ചെയ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിൻ്റെ രക്തം ഇതാ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു എബ്രാർ കഴിയ ലേഖനം എ പ്രായർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒൻപതാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ടവും ഗൗരവമായ കാര്യങ്ങളാണേ നമ്മൾ പറയുന്നത് അതുകൊണ്ട് കഥകളുമൊന്നുമില്ല നമ്മൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വാക്യങ്ങളിലേക്ക് വരികയും അത് മനസ്സിലാക്കുകയും ചെയ്താലേ നമുക്കിത് പ്രയോജനപ്പെടുകയുള്ളു ഒൻപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം കർത്താവ് എന്തോ ചെയ്തെന്ന കർത്താവ് തികവുമേറിയ കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താതായി വലിപ്പവും തികവും ഏറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല പഴയ നിയമത്തിൽ എന്തായിരുന്നു പഴയ നിയമത്തിൽ പുരോഹിതൻ ആട്ടുകൊറ്റൻ്റെ രക്തവുമായിട്ടാണ് ചെന്നോണ്ടിരുന്നത് എന്നാൽ ഇവിടെയോ ഇവിടെ ഈ ഒരേ സമയം തന്നെ പുരോഹിതനും ഒരേ സമയം തന്നെ ബലിമൃഗവുമായ കർത്താവ് എന്ത് ചെയ്യുന്നു സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ വർഷത്തിൽ ഒരിക്കലും ഒരു പ്രായച്ചിത്ത ദിവസത്തിൽ അവർ രണ്ടാടുമായിട്ട് വരുന്നു ഒരാടിനെ അറുക്കുന്നു ശരി അവരുടെ പാപത്തിന് പരിഹാരമായി പക്ഷെ അടുത്ത തവണ വീണ്ടും വരുമ്പോഴും എന്താ അവർക്ക് വേണ്ടി പിന്നെയും ആടിനെ അറുത്താലേ അവരുടെ പാപങ്ങളുടെ പരിഹാരമാവുകയുള്ളു എന്നാൽ ഇവിടെ നമുക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പ്രത്യേകത എന്താ എബ്രാഹർ ഒൻപതിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നു ആ കുഞ്ഞാട്ത് ഒരിക്കലായിട്ട് ഒറ്റ ഒരു ഒറ്റ ഒരിക്കൽ താൻ എന്ത് ചെയ്താൽ മതി അറുക്കപ്പെട്ടാൽ മതി അത് അതിനൊരു ഇറ്റേണൽ വാല്യൂ ഉണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കണ്ട അഞ്ചു ആറും വാക്യം ആറാമത്തെ വാക്യത്തിൽ കണ്ട ആ കുഞ്ഞാട് അവിടെ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുക സ്വർഗത്തിൽ അങ്ങനെ നിൽക്കുക എന്തുകൊണ്ടാ അവിടുന്ന് നിത്യനാണ് ദൈവം നിത്യനാണ് ദൈവം അനുഭവിച്ച് അനുവദി അനുഭവിച്ച ആ കഷ്ടപ്പാട് ആ തൻ്റെ ആ ജീവത്യാഗം അതും എന്താണ് അതും ഇറ്റേണലാണ് അതും നിത്യമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ഒരു ആട്ടുകൊറ്റനെ അറുക്കുമ്പോ അതെന്ത് വേണം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഈ ആട് സാധാരണയാടാ ഇപ്പോഴതിൻ്റെ രക്തം കൊണ്ട് പാപമോചനം ഉണ്ടായെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ വീണ്ടും മറ്റൊരാടിനെ അറുക്കണം എന്നാൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് അവിടെ നിന്ന് എന്താ നിത്യനാണ് നിത്യനാണ് അവിടുന്ന് ഒരു നിമിഷം രണ്ടായിരം വർഷം മുമ്പ് ഒരു ഒരു നിമിഷത്തിലാണ് അവിടുന്ന് കൊല്ലപ്പെട്ടത് പക്ഷെ ആ നിമിഷം ഫ്രീസ് ചെയ്ത് ഇറ്റേണലായിട്ട് അങ്ങ് നിൽക്കുക പുറകോട്ടും മുന്നോട്ടുമെല്ലാം അതുകൊണ്ടാണ് യോഹന്നാൻ കണ്ട ആ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ സ്വർഗത്തിൽ നിൽക്കുക അതിൻ്റെ വിവരവും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതാണിവിടെ ഒൻപതാം അധ്യായത്തിൽ എബ്രായർ ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ആ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ ഈ പുരോഹിതൻ ആ പുരോഹിതൻ തന്നെ സ്വയം ബലിമൃഗവുമാണ് യേശു അവിടെ നിന്ന് എന്തോ ചെയ്തു അവിടുന്ന് ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ സ്വന്തം രക്തവുമായിട്ട് പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു ഇറ്റേണലായ ഒരു റിഡംഷൻ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് താനെന്ത് ചെയ്തു താന് സാധിപ്പിച്ചു ഇതിലാണ് നമ്മുടെ സന്തോഷം ഈ ഒരു ഇറ്റേണൽ റിഡംഷൻ അതിൻ്റെ പ്രതീകമായിട്ടാണ് കുഞ്ഞാട് എന്ത് ചെയ്യുന്നത് അറുക്കപ്പെട്ടതുപോലെ ഈ അറുക്കപ്പെട്ട പോലെ നിൽക്കുന്ന ഈ കുഞ്ഞാടിനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പാവങ്ങൾ ഇന്നത്തെ കഴിഞ്ഞകാല പാവങ്ങളും ഇന്ന് നമ്മൾ ചെയ്യുന്നതും നാളെ നമ്മൾ ഒരുപക്ഷെ അബദ്ധത്തിൽ ചെയ്യാ ചെയ്തു പോകാവുന്നതുമായ പാവങ്ങൾക്കുമുള്ള പരിഹാരം എന്നേക്കുമായിട്ട് കർത്താവ് വരുത്തി ഇസ്രായേൽ മക്കളെപ്പോലെ നാളെ അടുത്ത വർഷം നമ്മൾ വീണ്ടും ഒരു കുഞ്ഞാടുമായിട്ട് വരണ്ട കാരണം നമ്മുടെ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുകയാണ് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുക കാരണം അവിടുന്ന് നിത്യന അവിടുന്ന് നിത്യനായ ദൈവം ഒരു നിമിഷം അനുഭവിച്ച ആ വേദന ഇറ്റേണൽ അതിനൊരു എന്തുണ്ട് അതിനൊരു പ്രസക്തി ഉണ്ട് അതിനൊരു റെലവൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവന് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു പോട്ടെ ഞാൻ വളരെ വേഗത്തിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം അങ്ങനെ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് ദൈവം സാധിപ്പിച്ചു കണ്ടോ കർത്താവായു ക്രിസ്തു അറുക്കപ്പെട്ടത് ബലിമൃഗമായത് പാവയാഗമായത് കുഞ്ഞാടായതിൻ്റെ അതിൻ്റെ എന്തെല്ലാം സാധ്യതകളാണ് നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇവ ഈ രക്തം അതിവിശുദ്ധ സ്ഥലത്തേക്ക് ലവ്യ പുസ്തകം പതിനാറിൻ്റെ പതിനഞ്ചിൽ നമ്മൾ കണ്ടു ആ പാവയാഗത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം എവിടോട്ട് കൊണ്ടുപോയി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ചെയ്തു സ്വന്തം രക്തത്താൽ ഓ മൂന്നാസ്വർഗത്തിൽ ദൈവത്തിൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് അതുമായിട്ടങ്ങനെ നിൽക്കുക അതുമായിട്ട് നിൽക്കുകയാണ് അവിടെ അതിൻ്റെ സാന്നിധ്യം എപ്പോഴുമുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഒരു പാപം അതാണോ നമ്മുടെ പ്രശ്നം അതിനുള്ള റിപ്ലൈ എവിടെയുണ്ട് അതിനുള്ള മറുപടി എവിടെയുണ്ട് പിതാവിൻ്റെ സന്നദ്ധയിൽ അതിവിശുദ്ധ സ്ഥലത്ത് അതവിടെയുണ്ട് നാളെ ഒരു പ്രശ്നമുണ്ടോ അതിനുമുള്ള മറുപടി അവിടെ ഉണ്ട് കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എന്നിട്ട് ഈ കുഞ്ഞാടിനെ സംബന്ധിച്ച ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിന് രക്തം എന്തു ചെയ്തു രക്തം അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി എന്നിട്ട് ബാക്കി ചില കാര്യങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ച് തുടർന്ന് പറയുന്നു ലേവ്യ പുസ്തകം അതിൻ്റെ പതിനാറാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഈ രക്തം തിരശ്ശീലയ്ക്കകത്ത് അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വെച്ചു അതിനുശേഷം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യവും വിശുദ്ധ മന്ദിരത്തിൽ പ്രായചിത്തം കഴിക്കേണ്ടത് രക്തം കൊണ്ടുപോയ പാപയാഗത്തിൻ്റെ കാളയെയും ആ കാളയെന്ന് പറയുന്നത് പുരോഹിതന്മാർക്ക് വേണ്ടി നേരത്തെ അറുക്കപ്പെട്ട കാളയുടെ കാര്യമാണ് പറയുന്നത് എന്നാൽ ജനത്തിനു വേണ്ടിയുള്ളതെന്താ കോലാട്ടുകോറ്റനാണ് പാപയാഗത്തിൻ്റെ കോലാട്ടുകോറ്റനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം അവയുടെ തോലും മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം കണ്ടോ ജനത്തിന്റെ ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അറുക്കപ്പെട്ട യാഗമൃഗത്തിന്റെ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലണം ആ അതിവിശുദ്ധ സ്ഥലത്ത് ഈ രക്തം ചെന്നപ്പോൾ തന്നെ വേറെ ചില അവശേഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ എന്തൊക്കെയാ ആ കോലാട്ടുകോറ്റന്റെ മാംസമുണ്ട് അതുപോലെ കോലാട്ടുകോറ്റന്റെ തോലുണ്ട് മറ്റവശിഷ്ടങ്ങളുണ്ട് ഇതൊക്കെയും പുരോഹിതൻ എന്തോ ചെയ്യണം അതൊക്കെ പാളയത്തിന് പുറത്ത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ചുട്ടുകളയണം എന്നാണ് ഇവിടെ കാണുന്നത് ഇതിൻ്റെ പുതിയ നിയമത്തിലെ ഒരു പ്രസക്തി നമ്മളെ എബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായത്തിലാണ് കാണുന്നത് എബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഈ ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ട് എബ്രാഹിം ലേഖനകാരം പറയുക മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു ഇല്ലേ ചുട്ട് കളയുന്നു ഇപ്പം നമ്മൾ വായിച്ചത് അതാ ലേവ്യാപുസ്തകം പതിനാറിൻ്റെ ഇരുപത്തേഴിൽ വായിച്ചത് അതാണ് രക്തം അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്നു അതിൻ്റെ മാംസവും തോലും മറ്റവശിഷ്ടങ്ങളും ഒക്കെ പാളയത്തിന് പുറത്ത് കൊണ്ടുവന്ന് ചുട്ടുകളയണം ഈ കാര്യം എടുത്തു പറയുന്നു ഇവിടെ എബ്രാ ലൈനത്തിൽ എന്നിട്ട് അതിനോട് ചേർത്ത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വേറൊരാ കാര്യം പറയുന്നു അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിൽ നിന്ന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു കർത്താവ് എന്തോ ചെയ്തു കർത്താവ് കർത്താവ് താനീ ബലിമൃഗത്തോട് തുല്യനായി കണ്ടോ ഈ യാഗമൃഗത്തിന് രണ്ട് ആസ്പെക്റ്റാ ഉള്ളത് രണ്ട് വശങ്ങളാവുള്ളത് അതിൻ്റെ ഒരു വശമെന്ന് പറയുന്നത് അതിൻ്റെ രക്തം എവിടെ ചെല്ലണം അത് വിശുദ്ധ സ്ഥലത്ത് ചെല്ലണം കർത്താവ് ഇതിനോട് താതാൽമ്യപ്പെട്ടിട്ട് കർത്താവിൻ്റെ രക്തവും എവിടെയുണ്ട് പിതാവിൻ്റെ സന്നദ്ധിയിലുണ്ട് എന്നിട്ടോ ഇതിൻ്റെ മാംസവും തോലും പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ചുട്ടുകളയണം എന്ന് പറഞ്ഞതിനോട് താതാൽമ്യപ്പെടാൻ വേണ്ടി കർത്താവ് എവിടെ വെച്ചാൽ കഷ്ടം അനുഭവിച്ചത് നഗരവാതിലിന് പുറത്ത് പുറത്ത് അന്ന് ഗോൽഗോഥ മലയിൽ കർത്താവിനെ കൊണ്ടുവന്ന് ക്രൂശിച്ചത് എന്തിനാണ് ഓ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെരുന്നാൾ വരിക അവരുടെ വെസഹായമൊക്കെ വരിക അതൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് വരുമ്പം ഈ ഒരു ഒരു ആ നിലയിലുള്ള ഒരു പാപമരണം അവരുടെ ആ നഗരത്തിൽ വെച്ചരുത് അതുകൊണ്ട് പാളയത്തിന് പുറത്ത് ഗോൽഗോഥാ മലയിൽ തലയോടിടം എന്ന് പേരുള്ളടത്ത് അവിടെ ഇതിന് പുറത്ത് സർവ്വ ദുഷ്പ്രവർത്തിക്കാരെയും തൂക്കിക്കളയുന്ന ആ പാളയത്തിന് പുറത്ത് വെച്ചാണ് കർത്താവിനെ എൻ്റെ ശരീരത്തെ ആ നിലയിൽ അവരെ മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് കണ്ടോ ഞാൻ പറഞ്ഞു വന്നത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടായിരിക്കുമ്പം തന്നെ അവിടുന്ന് ആ പാപയാകമൃഗത്തിൻ്റെ രണ്ടു വശങ്ങൾ രക്തവുമായിട്ട് ബന്ധപ്പെട്ടതിനോടും താതാല്മ്യപ്പെട്ടു അതിൻ്റെ ഉടല് പുറത്തു കൊണ്ടുപോയി ചുട്ട് കളയണമെന്നുള്ളതിനോടും താതാല്മ്യപ്പെട്ട് പാളയത്തിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മളോട് എബ്രാഹിം ലേഖനകാരം പറയുക ആകെയാൽ നാം അവൻ്റെ നിന്ന ചുമതുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക നാം എന്ത് വേണം നാമ പ്രിയപ്പെട്ടവരേ നാം ഇതിനൊരു നിന്നയുണ്ട് കർത്താവ് എന്തോ ചെയ്തു കർത്താവ് ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ പാളയത്തിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു നമ്മൾ കർത്താവിനോട് ഈ കുഞ്ഞാടിനോട് താതാല്മ്യപ്പെടാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ നമുക്ക് ഈ പാളയത്തിനുള്ളിൽ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു ആ നിലയിലുള്ള ഒരു അംഗീകാരവും ആ നിലയിലുള്ള അംഗീ ആ നിലയിൽ നമുക്കൊരു മാന്യതയും ലഭിക്കും എന്ന് വിചാരിക്കരുത് നമ്മളും നമ്മുടെ സ്റ്റാൻഡും എവിടെയാണ് നമ്മളും പാളയത്തിന് പുറത്താണ് കാരണം നമ്മുടെ അരിമനാഥൻ കഷ്ടമനുഭവിച്ചത് പാളയത്തിന് പുറത്താണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ എബ്രാഹിൽ ലേഖനകാരൻ നമ്മളോട് പറയുന്നു ആകെയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക ക്രിസ്തീയത ക്രിസ്തീയതയിലെ മുമ്പേ ഞാൻ പറഞ്ഞു നമ്മളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു മറുവശത്ത് ഇപ്പം എന്താ എന്താ നമ്മൾ കാണുന്നത് മറുവശത്ത് രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട അതിനെല്ലാം ദൈവം എന്ത് ചെയ്തു പൂർത്തീകരണം അതുകൊണ്ടാണ് കർത്താവ് കാൽക്കർ കാൽവർക്കുറിച്ച് പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് പൂർത്തിയായി രക്ഷ സംബന്ധിച്ച് രക്തത്തിൻ്റെ കാര്യവും പാളയത്തിന് പുറത്ത് ഉടലി ചുട്ട് കളയുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഞാനത് പൂർത്തിയാക്കി രക്ഷ സംബന്ധിച്ച് നമ്മൾ ഇതൊന്നും ചെയ്യണ്ട പക്ഷേ ആ രക്ഷയുടെ പങ്കാളികളായ നമ്മൾ എന്തുവേണം ഈ കർത്താവിനോട് താതാൽമ്യപ്പെട്ട് പാളയത്തിനുള്ളിൽ ഇന്ന് ക്രിസ്തീയ സഭകൾക്കും എല്ല ഒരു പാളയമുണ്ട് ഈ പാളയത്തിനകത്ത് യേശുവിനെ കണ്ടുമുട്ടാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കല്ലേ എവിടെയാ നമുക്ക് ഇവനെ കാണാൻ വെക്കുന്നത് ഇവനെ പാളയത്തിന് പുറത്തേ നമുക്ക് കാണാനൊക്കെ ഉള്ളൂ കാര്യം അന്ന് ഈ മതലോകം അവനെ പാളയത്തിന് പുറത്താക്കി ഇന്നും സഹോദര സഹോദരി നീ യഥാർത്ഥത്തിൽ കർത്താവുമായിട്ടൊരു കൂട്ടായ്മയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ക്രിസ്തീയ മതലോകത്തിൻ്റെ പാളയത്തിനുള്ളിൽ കർത്താവിനെ കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കേണ്ട അതാണ് ഈ പതിമൂന്നാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തതയോടെ പറഞ്ഞത് ഓ നഗരവാദലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു ആകിയാൽ നാം അവൻ്റെ അടുക്കൽ ചെല്ലണോ അവൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ അവൻ ഉള്ളടത്ത് ചെല്ലണം അതെവിടാ പതിമൂന്നാമത്തെ വാക്യം പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക പാളയത്തിന് പുറത്ത് പക്ഷേ ആ പാളയത്തിന് പുറത്ത് ചെല്ലുമ്പം അതിൻ്റെ അകത്ത് ഒരു നിന്നയുണ്ട് നിന്നയുണ്ട് ഒരു പരിഹാസമുണ്ട് ഇന്ന് ഇന്ന് പ്രിയപ്പെട്ടവർ പലർക്കും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സന്തോഷമൊക്കെ വേണം പക്ഷേ അവന് വേണ്ടി ഒരു നിന്ന പാളയത്തിന് പുറത്ത് ചെന്ന് ഓ അതിനോട് താതാത്മ്യപ്പെടാൻ പലർക്കും താല്പര്യമില്ല എന്നാൽ ദൈവം കാലാകാലങ്ങളിൽ നമ്മളെ വിളിച്ച് നമ്മളൊക്കെ ആയിരുന്ന ആ ക്രിസ്തീയതയുടെ ആ വലിയ പാളയം വിട്ട് അതിന് പുറത്ത് ഒരംഗീകാരവും ഇല്ലാത്ത ഒരു അംഗീകാരവും ഇല്ലാത്ത പാളയത്തിന് പുറത്ത് ഇതാ നമ്മൾ എത്തിയിരിക്കുന്നു ഇവിടെ ഒരു നിന്നയും കഷ്ടതയും ഉണ്ട് പക്ഷേ ഈ നിന്നയും കഷ്ടതയും പരിഹാസവും അനുഭവിക്കുമ്പോൾ നമ്മൾ ആരോടാ താതാല്മ്യപ്പെടുന്നത് നമുക്ക് വേണ്ടി പാളയത്തിന് പുറത്ത് കഷ്ടത അനുഭവിച്ച കർത്താവിനോടാണ് നമ്മൾ താതാല്മ്യപ്പെടുന്നത് ആ ഒരു സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിലുണ്ടാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് കർത്താവായ യേശു ക്രിസ്തു പാപയാകമൃഗമായിട്ട് അറുക്കപ്പെട്ടതിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത് നമുക്ക് രണ്ടാമത് നമ്മൾ ലേവിയ പുസ്തകത്തെ കണ്ട രണ്ടാമത്തെ കുഞ്ഞാടുമായിട്ട് ആ ബലിയാടുമായിട്ടുള്ള കർത്താവിൻ്റെ ആ ഒരു താതാൽമ്യത്തെക്കുറിച്ച് കൂടെ ചിന്തിച്ച് നമുക്ക് നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാം ലേവിയ പുസ്തകം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലാണ് രണ്ടാമത്തെ ബലിമൃഗമായിട്ട് രണ്ടാമത്തെ കുഞ്ഞാട് പോകുന്ന കാര്യം നമ്മൾ കാണുന്നു ആ കുഞ്ഞാടിൻ്റെ മേലെന്ത് ചെയ്തിട്ടുണ്ട് ആ കുഞ്ഞാട് ജീവനോടുണ്ട് പക്ഷേ തമ്മിഭേദം മരിക്കുകയായിരുന്നു എന്ന് തോന്നത്തക്കവണ്ണമാണ് ആ കുഞ്ഞാടിൻ്റെ അനുഭവം കാരണം ഈ ഇസ്രായേലിൻ്റെ മുഴുവൻ പാപവും പുരോഹിതൻ എന്തോ ചെയ്തു ഈ ആടിൻ്റെ തലമേൽ കൈവച്ച് ഇതിൻ്റെ മേലങ്ങ് ഏൽപ്പിച്ചു എന്നിട്ട് ആ കോലാട്ടുകോറ്റൻ അവരുടെ കുറ്റങ്ങളെ ഒക്കെയും ചുമന്നുകൊണ്ട് ഈ പാപങ്ങളെ മുഴുവൻ വഹിച്ചുകൊണ്ട് അവൻ മരുഭൂമിയിലേക്ക് പോകണം കർത്താവായ യേശു ഈ ഒരു ബലിമൃഗവും ആയിത്തീർന്നു ബലിയാടുമായിത്തീർന്നു ഈ ഒരു മരുഭൂമിയിലേക്ക് പാപങ്ങളുമായിട്ട് പോകുന്ന കുറ്റങ്ങളെ വഹിക്കുന്ന നമ്മുടെ പാപങ്ങളെ വഹിച്ച ഒരു ബലിയാടും കർത്താവായി തീർന്നു നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ഈ മൃ ഈ ഇതിൻ്റെ മേലെ ഇത് വഹിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പോകണം എന്ന് പറയുമ്പം കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഓ യോഹനാൻ സ്നാപകൻ പറഞ്ഞ ഒരു സാക്ഷ്യം നമ്മൾ ഓർക്കുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് യോഹനാൻ സ്നാപകൻ കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലേവിയ പുസ്തകം പതിനാറിൻ്റെ ഇരുപത്തിരണ്ടിൽ നമ്മൾ എന്താ കണ്ടത് ഈ കുഞ്ഞാടെന്തോ ചെയ്യണം ഈ കുറ്റങ്ങളെ ചുമന്നുകൊണ്ട് പോകണം യോഹന്നാൻ ഒന്നിൻ്റെ ഇരുപത്തൊൻപതിൽ കർത്താവ് കർത്താവിനെക്കുറിച്ച് പറയുന്നു അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന വഹിക്കുന്ന കർത്താവ് ഒരേ സമയം നമുക്ക് വേണ്ടി കുഞ്ഞാടുമായി കർത്താവ് നമ്മുടെ പാപം വഹിക്കുന്ന കുഞ്ഞാടുമായി ബലിയാടുമായി തീർന്നു ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട് യശയാവിൻ്റെ പുസ്തകം അൻപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ട് അൻപത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരിക യശയാവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നാമധ്യായം അൻപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ കുഞ്ഞാട് ഇസ്രായേൽ മക്കളുടെ പാപങ്ങളെ വഹിച്ചു എന്ന് പറയുന്നത് പോലെ കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത് കണ്ടോ അതിൻ്റെ അൻപത്തി മൂന്നിൻ്റെ ആറാമത്തെ വാക്യം നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു ഇസ്രായേൽ മക്കൾ മാത്രമല്ല നാം നമുക്ക് വേണ്ടിയാണല്ലോ കർത്താവ് മരിച്ച് നാം ഓരോരുത്തരും താൻ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി അവൻ എന്തോ ചെയ്തു നമ്മുടെ അകൃത്യം നമ്മുടെ പണിഷ്മെൻറ്റ് ആവോൺ എന്ന് മൂലഭാഷയിൽ പറയുന്ന ആ അകൃത്യം അതിൻ്റെ അതിൻ്റെ ന്യായവിധി കർത്താവ് എന്തോ ചെയ്തു കർത്താവ് തൻ്റെ മേൽ ചുമത്തി ലേവ്യാപുസ്ത നമ്മൾ കണ്ട് ആ പുരോഹിതൻ ഈ ആടിൻ്റെ മേൽ ഇവരുടെ പാപം ചുമത്തി പറയുന്ന അതേ പ്രയോഗം തന്നെയാണ് കർത്താവിൻ്റെ മേൽ ഈ പാപം ചുമത്തി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു അപ്പൊ കർത്താവ് ഇവിടെ ഏത് തരം ആടായിട്ടാണ് നിൽക്കുന്നത് ഓ ഇവിടെ നിൽക്കുന്ന ആടാന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്ന ആടിനെ പോലാണ് അകൃത്യങ്ങളെ വഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന അറുക്കപ്പെടുന്നതല്ല വഹിക്കുന്ന ആടായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ അതിൻ്റെ താഴത്തെ വാക്യത്തിൽ കുഞ്ഞാടിനെ പോലെ കർത്താവിനെക്കുറിച്ച് അവൻ പറാഴെ പറയുന്നു തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ട് അവൻ പീഡിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു അവൻ ആടാണ് കുഞ്ഞാടാണ് പക്ഷെ ഒരേ സമയം തന്നെ രണ്ടു കുഞ്ഞാടും അവൻ തന്നെയാണ് ഒരു കുഞ്ഞാടെന്തോ ചെയ്യും ഇവരുടെ പാപങ്ങൾക്ക് മരിക്കും അതാണ് ഏഴാമത്തെ വാക്യം പറയും കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മറ്റേ കുഞ്ഞാടോ മറ്റേ കുഞ്ഞാടോ പാപം അതിക്രമം വഹിക്കുന്ന കുഞ്ഞാട് രണ്ട് കുഞ്ഞാടിൻ്റെയും ചിത്രം ഇവിടെ ഇതാ യശയ്യാവ് ഓ കർത്താവിന് എഴുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന യശയ്യാവ് തന്നെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി താൻ ഈ രണ്ടും യേശുവിലാണ് വന്ന് കേന്ദ്രീകരിക്കുന്നത് എന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ആറാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത് പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും അവന് അകൃത്യങ്ങളെ വഹിക്കും നമുക്ക് വേണ്ടി അറുക്കപ്പെടുന്ന കുഞ്ഞാട് നമുക്ക് പലപ്പോഴും അറിയാം പക്ഷെ അകൃത്യങ്ങളെ വഹിക്കും എന്നുള്ള ആ മരുഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന ആ കുഞ്ഞാടും കർത്താവാണ് എന്നുള്ള ഒരു കാര്യം അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഇവിടെ ഇതാ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ എന്ത് ചെയ്തു അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും വഹിക്കും മരുഭൂമിയിലേക്ക് വിട്ട ആടിൻ്റെ മേൽ അകൃത്യങ്ങളെ ചുമത്തിയതുപോലെ അവിടുന്ന് നമ്മുടെ അകൃത്യങ്ങളെ വഹിക്കുന്നു നമ്മുടെ പാവങ്ങളെ അവിടുന്ന് വഹിച്ചു ഓ അകൃത്യം ചുമത്തപ്പെട്ടു അതുപോലെ തന്നെ അവിടുന്ന് അതേസമയം തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അൻപത്തി മൂന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവൻ എന്ത് ചെയ്തു ആ കുഞ്ഞാട് അവൻ തൻ്റെ പ്രാണനെ പന്ത്രണ്ടാമത്തെ വാക്യം പ്രാണനെ മരണത്തിൽ നിന്ന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും കണ്ടോ രണ്ടും ഒരൊറ്റ വാക്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക പ്രാണനെ വെച്ചുകൊടുത്തു അകൃത്യത്തിന് വേണ്ടി പാ പ്രാണനെ ഒഴുക്കിക്കളഞ്ഞു ആ ബലിയർപ്പിക്കപ്പെട്ട ആടും യേശുവാണ് അകൃത്യം വഹിച്ച പാപം വഹിച്ചതും ഈ ഒരൊറ്റ കുഞ്ഞാടാണ് അതാണ് ആ പന്ത്രണ്ടാമത്തെ വാക്യം പ്രിയപ്പെട്ടവര് ഞാനീ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മളെന്തിനാ ഇതെല്ലാം ഈ പറയുന്നത് നമുക്ക് സത്യത്തിലെ കർത്താവ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് നല്ലതാണ് കർത്താവ് എന്തു ചെയ്തു ഓ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു സൺഡേ സ്കൂളിൽ കുഞ്ഞു പറയും കർത്താവ് എനിക്ക് വേണ്ടി വർഷം മുമ്പ് മരിച്ചു അതൊരു പഴയ പഴയ പഴങ്കഥയായിട്ടാണോ ഇരിക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു മനോഹരമായൊരു പാട്ടുണ്ട് നിനക്ക് ഈ രക്ഷയെന്ന് പറയുന്നത് ഒരു ഒരു പഴങ്കഥയാണോ ഒരു ഓൾഡ് ഓൾഡ് സോങ് ആണോ അതോ ഒരു പുതിയ പുതിയ ഗാനമാണോ നമ്മൾ വർഷങ്ങൾ ഈ കാര്യത്തിലേക്ക് വന്നു നമ്മളിതെല്ലാം കേട്ടിട്ടുണ്ട് കർത്താവ് മരിച്ചതും ഒക്കെ നമുക്കറിയാം പക്ഷേ ഇന്ന് ഈ മാർച്ച് മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്കിതൊരു പുതിയ കാര്യമാണോ നമുക്കീ ഇത് അതോ ഒരു പഴങ്കഥയായി മാറിയിട്ടുണ്ടോ ഇതിൻ്റെ ഒരു ഗൗരവം ഇതിൻ്റെ ഒരു ആ അതിൻ്റെ ആ ഒരു സ്നേഹം അത് പുതുമയോടെ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടാകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് നമുക്ക് എന്ത് നമുക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്നുള്ളത് നോർക്കുന്നത് നല്ലതാണ് അവിടെ നിന്ന് എന്തു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് നിന്നു അറക്കപ്പെട്ട കുഞ്ഞാടായിട്ട് നിന്നു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വേറൊരു കാര്യമുണ്ട് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്ന് അകറ്റുകയും ചെയ്തു ആലിയ അവിടുന്ന് നമ്മുടെ പാവങ്ങളെ നമ്മിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ ചിലപ്പോഴ് ആ നിലയിൽ ചിന്തിക്കാറില്ല നമ്മൾ നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം നോക്കുക നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം 103 നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായ ഒരു ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു കർത്താവ് എന്തോ ചെയ്തു കർത്താവ് നമ്മുടെ ലംഘനങ്ങളെ നമ്മൾ നിന്ന് അകറ്റി അകറ്റി അതിനെ സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത് ഉദയവും ഉദയവും അസ്തമയവും തമ്മിൽ എന്തോ അകലമുണ്ട് അത്രയും അകറ്റിയെന്നാണ് പറയുന്നത് ഈ മരുഭൂമിയിലേക്ക് ഈ ആട് ഈ അകൃത്യവും വഹിച്ചുകൊണ്ട് അകന്നകന്നകന്ന് പോകുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് സന്തോഷമാണ് കാരണം എൻ്റെ എൻ്റെ അകൃത്യങ്ങളെ ദൈവം എന്തോ ചെയ്തു മാറ്റി അകറ്റി അകറ്റി അകറ്റി പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ നമുക്കെന്തോ പറയാൻ നോക്കും നമ്മുടെ കർത്താവ് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ നമ്മുടെ ലംഘനങ്ങളെ അകറ്റി എങ്ങനെയാണ് അവനെ അകറ്റിയത് അവനൊരേ സമയം തന്നെ അറുക്കപ്പെട്ട ആടും ഒരേ സമയം തന്നെ മരുഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആടും ആ മരുഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആടിൻ്റെ മേൽ വീണ ചീട്ടെന്താ അസസൈലിനുള്ള ചീട്ട ദൈവത്തിനുള്ള ചീട്ടല്ല പാവമറിയാത്തവനെ നമുക്ക് വേണ്ടി പാവമാക്കി നമ്മൾ കൊരിന്ത ലയനത്തെ വായിക്കുന്ന ആ വാക്യം കണ്ടോ അവന് വീണ ചീട്ട അസസലിൻ്റെ ചീട്ട അസസൈൽ എന്ന് പറയുന്നത് ദൈവത്തിന് നേരെ എതിരായ ആളാണ് പാവം പാവമറിയാത്തവനെ ഈ കുഞ്ഞാടിലൊരു പാപം ഉണ്ടായിരുന്നില്ല പക്ഷേ അവനെ എന്തിനാ പാപമറിയാത്തവനെ പാപമാക്കിയെന്ന് കുരിന്തലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഈ മുഴുവൻ ജനത്തിൻ്റെയും അകൃത്യം ഈ കുഞ്ഞാടിൻ്റെ മേൽ ചുമത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞാടെന്തായി ഈ പാപത്തിൻ്റെ ഒരു പ്രതീകം പോലായി ഇത്രയും പേരുടെ പാപം വഹിച്ചുകൊണ്ട് അത് നടന്നു പോവുക അതിനെ അതിനെ സ്പർശിക്കാൻ ആർക്കും താല്പര്യമില്ല അതിന് ഇത്തിരി ഇല കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല അതിന് ഭക്ഷണം കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല കാര്യം അതെന്താ അത് പാപത്തിൻ്റെ ഒരു പ്രതീകം പോലെയാണ് കർത്താവ് നമുക്ക് വേണ്ടി എന്തായി പ്രിയപ്പെട്ടവർ അത് എന്തിനു നമ്മുടെ അകൃത്യങ്ങളെ രാവും പകലും പോലെ നമ്മൾ നിന്ന് അകറ്റാൻ വേണ്ടി കർത്താവ് ഇത് ചെയ്തു ഹാലേലുയ ഹാലുയ്യ ഹാലുയ്യ നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം വെളിപ്പാട് പുസ്തകം അഞ്ചാമധ്യായം അഞ്ചാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇതാ ഒരു കുഞ്ഞാട് കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു ഈ കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്നത് നമ്മുടെ മനോമിരത്തിൽ നമ്മൾ ഇന്നൊന്ന് കാണുന്നുണ്ടോ കാണുമ്പോൾ അവിടെ രണ്ട് കാര്യമുണ്ട് അറുക്കപ്പെട്ടതുപോലെ എന്ന് അവിടെ പറയുമ്പോൾ തന്നെ അവിടെ എന്തോ ചെയ്തിരിക്കുന്നു അവിടുന്ന് പാപം വഹിച്ച് നമ്മൾ നിന്ന് ഇതിനെ അകറ്റിയിരിക്കുന്നു അകറ്റിയിരിക്കുന്നു കർത്താവ് ദൈവം പാപത്തെ എത്ര ഗൗരവമായിട്ടാണ് കണ്ടത് നമുക്കീ കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ കാഴ്ച നമുക്കും പാപത്തെക്കുറിച്ച് ദൈവത്തിനുള്ളതുപോലെ ഒരു ബോധ്യം അതുപോലെ ഒരു ഗൗരവബോധം നമുക്ക് തരണം പാപത്തെ നമ്മൾ സാധാരണ കാര്യമായിട്ട് എടുക്കുകയല്ല വേണ്ട പലപ്പോഴും ആളുകൾ പറയുന്നത് നമ്മൾ മനുഷ്യരല്ലേ മനുഷ്യരല്ലേ ശരിയാണ് പക്ഷേ മനുഷ്യരായ നമ്മൾ എന്തിനാണ് വിളിച്ചേക്കുന്നത് കർത്താവിൻ്റെ തേജസ്സിന് തുല്യമായിട്ട് അവൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പലർക്കും ആ ഒരു കാര്യത്തിൽ ഒരു താല്പര്യമില്ല നമ്മളെ കർത്താവ് വീണ്ടെടുത്ത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് പ്രീസലോൺ അത്രയും മാത്രം മരണത്തിന് ശേഷം എങ്ങനെയും സ്വർഗത്തിൽ പോണം അങ്ങനെ ഒരു മിനിമം കോമൺ പ്രോഗ്രാമിലാണ് പല വിശ്വാസികളും അവരുടെ ജീവിത ലക്ഷ്യത്തെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് എന്നാൽ അതാണോ അല്ല ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ തേജസ്സിനോട് നമ്മൾ താതാൽമ്യപ്പെടണം അങ്ങനെ താതാൽമ്യപ്പെടണമെങ്കിൽ പാവത്തെ അവൻ കണ്ട ഗൗരവത്തോടെ നമ്മൾ കാണണം അങ്ങനെ കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം ചെയ്തതിന് ശേഷവും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം നമ്മൾ ഇന്നെന്താ ഇന്ന് ഇന്ന് ഒരു സഹോദരി അവൾ എന്ത് ചെയ്തു അവളിവിടെ വന്നു ഇതെല്ലാം തൂത്തു ഇതെല്ലാം കസേരയെല്ലാം ഇട്ടു അവൾ പോയി ഭക്ഷണമൊക്കെ എല്ലാവർക്കും ക്രമീകരിച്ചു ഇന്നലെ മുതലേ അതിനുവേണ്ടി ചിന്തിച്ചു സാധനങ്ങൾ വാങ്ങിച്ചു ഒത്തിരി ത്യാഗം ചെയ്തു ഇതെല്ലാം ചെയ്ത് ഒരു കുറ്റവും പറയാനില്ല പക്ഷെ അത് കൊണ്ടുപോയി വിളമ്പുമ്പോഴും അവൾ വളരെ സെൻസിറ്റീവാണെങ്കിൽ എന്തോ കാണും അയ്യോ കർത്താവിൻ്റെ ആ നിലയിലുള്ള നിർമ്മലതയുടെ നൂറ് അടുത്തുപോലും ഞാൻ വരുന്നില്ലല്ലോ ഞാൻ എൻ്റെ എൻ്റെ ഉള്ളിൽ എൻ്റെ ജഡത്തിൽ ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടിയുള്ള ആളുകളുടെ ഒരു അഭിനന്ദനത്തിനു വേണ്ടിയുള്ള ഒരു തോര എൻ്റെ മനസ്സിലുണ്ടല്ലോ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ലഭിക്കുക പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കർത്താവിൻ്റെ തേജസ്സിലേക്ക് താതാല്മ്യപ്പെടാനായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ഒത്തിരി അങ്ങ് ആ നിലയിൽ ആ ഒത്തിരി ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു കർത്താവിന് വേണ്ടി ചില ആളുകൾ സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെയല്ല വെളിയിലൊക്കെ ചില ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കർത്താവിന് വേണ്ടി അത് കൊടുത്തു ഇത് കൊടുത്തു എന്തുവായി എന്തായത് ഇതെല്ലാം ചെയ്തും സത്യത്തെ നമ്മൾ എന്തോ ചെയ്തു ഇതിൻ്റെ പിന്നിലും നമ്മൾ ഈ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ കാണുമ്പോൾ നമുക്ക് പൗലോസ് പറഞ്ഞതേ ചെയ്യാനുള്ളൂ അയ്യോ ഈ പാപികളിൽ ഞാനാണ് ഒന്നാമൻ എന്നേ നമുക്ക് കാണാനൊക്കെ അങ്ങനെ കാണുമ്പോൾ അവിടെ നിർത്തല്ലേ നമ്മളെപ്പോലെ ഈ നിലയിൽ വിശുദ്ധി പ്ര പ്രസംഗിക്കുന്ന ഒരു സഭയിൽ വരാവുന്ന ഒരു കുഴപ്പത്തെക്കുറിച്ചാണ് ഞാൻ തുടർന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മൾ ചെയ്ത നമ്മൾ അക്കംപ്ലിഷ് ചെയ്ത കാര്യങ്ങളെക്കാൾ നമ്മൾ ചെയ്യാത്തതും നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തേജസ്സിനോട് ഏകീകവിച്ച് ചെയ്യാതെ പോയതും ഒക്കെയായ പല കാര്യങ്ങളെക്കുറിച്ചുള്ള പാപം പാപത്തെക്കുറിച്ചുള്ള സിങ്കോൺഷ്യസ്നെസ്സാണ് നമ്മളോട് പലപ്പോഴും അടുത്ത് നിൽക്കുന്നത് പക്ഷേ ആ സിൻകോൺഷ്യസ്നെസ് നിനക്കം എനിക്കുണ്ടാകുമ്പോൾ നമ്മളെന്തോ കണ്ടോണം അറുക്കപ്പെട്ട കുഞ്ഞാട് ആ നിത്യമായിട്ടുള്ള അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നമ്മൾ കണ്ടോണം അതിലാണ് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലാതെ എനിക്കൊരിക്കലും ഇത് എത്ര ചെയ്താലും പിന്നെയും പിന്നെയും പിന്നെയും പിന്നെയും കർത്താവിൻ്റെ സ്വഭാവത്തോടെ ഒക്കുന്നില്ലല്ലോ ഞാൻ പിന്നെയും പാവിയിലൊന്നാമനാണല്ലോ എന്നെക്കൊണ്ട് ഇത് നടക്കുകയല്ലോ എന്ന് പറഞ്ഞ് മുഖം വാടിയും നിരാശപ്പെട്ടും ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ അത് അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിൻ്റെ അർത്ഥം നമ്മൾ പാപത്തെ ഗൗരവമായിട്ട് എടുക്കേണ്ട ആണോ അല്ല നമ്മൾ പാപത്തെ ഗൗരവമായിട്ടെടുക്കും പക്ഷേ ആ പാപത്തെക്കുറിച്ചുള്ള ഗൗരവബോധം നമുക്ക് കർത്താവിൻ്റെ രക്തത്തെ കൂടുതൽ വില മതിക്കാനും അതിൽ കർത്താവ് നമ്മളെ കഴുക കഴുകുകയും നമ്മുടെ പാപങ്ങളെ നമ്മൾ നിന്ന് അകറ്റുകയും ചെയ്ത ആ രണ്ട് തരത്തിലുള്ള കർത്താവിൻ്റെ രക്ഷണയപ്രവൃത്തിയുടെ ആ വാല്യൂ അതിൻ്റെ അതിൻ്റെ വില കണ്ട് നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാനും കർത്താവ് നമുക്ക് വേണ്ടി അത്രയും ചെയ്തല്ലോ കണ്ട് അതിൽ സന്തോഷിക്കാനും നമുക്ക് കഴിയണം അല്ലാതെ കേവലം ഒരു പാവബോധത്തിൽ നമ്മൾ നിൽക്കരുത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് അവിടുന്ന് കുഞ്ഞാടായിട്ട് നമ്മൾ കാണണം അപ്പത്തന്നെ നമ്മൾ എന്തോ വേണം നമുക്ക് വേണ്ടി എല്ലാം പൂർത്തിയാക്കാൻ കഴിയുന്ന സിംഹവും അവിടെ നമ്മൾ കാണണം ആ ഒരു കാഴ്ചപ്പാടില്ലാതെ കേവലം ഓ പാവബോധത്തിൽ മാത്രം നിൽക്കരുത് പാവബോധം വളരെ ആവശ്യമാണ് അപ്പത്തന്നെ ആ പാവബോധം അവൻ്റെ രക്ഷണ പ്രവർത്തിയെ വാല്യൂ ചെയ്യാൻ വില മതിക്കാൻ നമ്മളെ ഇടയാക്കണം ആ വില മതിക്കുന്നത് അവിടുന്ന് നമ്മളെ എന്തു ചെയ്യും നമുക്ക് വേണ്ടി ഇത്രയും വില തന്നെങ്കിൽ നമ്മളെ ഈ ലോകത്ത് ദൈവം നടത്താതിരിക്കുമോ നമുക്ക് വേണ്ടി അവിടുന്ന് സംരക്ഷണം നൽകാതിരിക്കുമോ നമുക്ക് നമുക്കെതിരെ പദ്ധതികൾ ഇറക്കുന്ന ആളുകളുടെ മുമ്പാകെ അവിടെ നമ്മൾ നമ്മളെ ജയഘോഷത്തോടെ നടത്തും കാരണം അവിടെ നിന്ന് എന്താണ് യഹൂദയുടെ സിംഹവും അവിടുന്ന് ആണ് ഹാലലുയ്യ ഹാലുയ്യ പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞാടിനെ പിൻപറ്റുക ഈ കുഞ്ഞാടിനെ പിൻപറ്റിക്കോ അവൻ എന്തോ ചെയ്യും അവൻ സിംഹമായിട്ട് നിന്നെ രക്ഷിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഈ നമ്മൾ പിൻപറ്റേണ്ടത് ആരെയാണ് നമ്മൾ ഈ കുഞ്ഞാടിനെയാണ് പിൻപറ്റേണ്ടത് നമ്മൾ അവൻ്റെ അറുക്കപ്പെട്ട രക്തവും അവൻ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് പോയതും ഒക്കെ തന്നെയാണ് അതിലാണ് നമ്മൾ നിൽക്കേണ്ടത് പക്ഷെ ഞാൻ നീയും അതിൽ നിന്ന് ആ കുഞ്ഞാടിനെ പിൻപറ്റുമ്പോൾ അവൻ എന്താ കേവലം കുഞ്ഞാട് മാത്രമല്ല അവൻ സിംഹം കൂടെയാണ് അവൻ നമുക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി ഒരു സിംഹമായി നമ്മളെ രക്ഷിക്കും ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ മറന്നുപോയാലും ഈ ഒരു സെൻറ്റൻസ് ഓർത്തിരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ആ കുഞ്ഞാടിനെ പിൻപറ്റിക്കോ അവൻ നിന്നെ സിംഹമായിട്ട് രക്ഷിക്കും ആ കുഞ്ഞാടിനെ പിൻപറ്റുക പലർക്കും ഇന്ന് സിംഹത്തെ പിൻപറ്റാനാ താല്പര്യം നമ്മളെന്നാൽ അതിൻ്റെ യഥാർത്ഥ റൂട്ട് കണ്ടെത്തി ആ റൂട്ട് എന്താ കുഞ്ഞാടിനെ പിൻപറ്റുക കുഞ്ഞാടിനെ പിൻപറ്റുക അവൻ എന്തു ചെയ്യും അവൻ സിംഹമാണ് അവൻ സിംഹമാണ് നമ്മളവനെ കുഞ്ഞാടായിട്ട് കാണുന്നു പക്ഷെ അവൻ സിംഹമാണ് നമ്മളെ സംരക്ഷിക്കും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കും നമുക്കെതിരെ പ്ലാനുകൾ തയ്യാറാക്കുന്നവരുടെ മുമ്പാകെ അവൻ സിംഹമായിട്ട് നിന്ന് കാര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി കൊണ്ടുവരും അവൻ കുഞ്ഞാടാണ് അതേസമയം തന്നെ അവൻ സുഹൃവുമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞാടിനെ പിൻപറ്റിയാൽ ചില രംഗങ്ങളിൽ നമുക്ക് ചില ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ സാഹചര്യത്തിന്റെ ഒരു എരയായിപ്പോയോ എന്ന് വെച്ചാൽ ആളുകളെല്ലാം കൂടെ കൂടെ നമ്മളെ കളിപ്പിക്കുകയാണ് നമുക്ക് കിട്ടേണ്ട പ്രൊമോഷൻ അവര് തട്ടിയെടുത്തു നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും നമ്മളെ ഒരുതരം നമ്മൾ വിശ്വാസിയാണ് നമുക്കൊട്ട് ഒന്നും ചെയ്യാനും നോക്കുകയില്ല നമ്മളെ എല്ലാവരും കൂടെ കൂടെ കളിപ്പിച്ച വെച്ചാൽ അവരെല്ലാം കൂടെ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൻ്റെ വ്യക്തിമായതുപോലെ എരയായതുപോലെ തോന്നും ഇല്ലേ നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു അനുഭവമൊന്നുമില്ലേ ഏ അങ്ങനെ തോന്നാം അങ്ങനെ തോന്നാം പക്ഷെ അങ്ങനെ തോന്നുമ്പം നീ എന്താ നിന്നെക്കുറിച്ച് കാണുന്നത് അയ്യോ ഞാനൊരു കുഞ്ഞാട് പോലെ എനിക്കൊന്നും തിരിച്ചടിക്കാനും ഒന്നും നോക്കാതെ അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ തേണ്ട ഞാനിവിടെ നിൽക്കുന്നു എനിക്കൊരു രക്ഷയും ഇല്ല എന്നാണ് നീ നിന്നെ തന്നെ കാണുന്നത് പക്ഷേ നീ എടുത്ത നിലപാടുകൾ നിന്റെ ധീരമായ ചില ആ നിലയിൽ പലതിനോടും ലോകത്തോടും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളോടും നോയെന്ന് പറഞ്ഞതിൽ നീ എടുത്തതിൻ്റെ നിലപാടുകളെ കാണുന്ന നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ചില ആളുകളുടെ മുമ്പിൽ നീ ആരാ നീ സിംഹമാ സിംഹമാ അത് പലപ്പോഴും നമ്മൾ കാണുന്നില്ല നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു സാഹചര്യത്തിൻ്റെ ഇരയായതുപോലെ നമ്മളെ തന്നെ കൊണ്ടുവന്ന് വിഷ്വലൈസ് ചെയ്യുന്നത് എന്നാൽ നാം കുഞ്ഞാടായിരിക്കുമ്പോൾ തന്നെ നമ്മളെ കർത്താവിനെ പിൻപറ്റുന്നവരാണല്ലോ അതുകൊണ്ട് നമ്മളും എന്താണ് നമ്മളും ഒരേ സമയം കുഞ്ഞാടും ഒരേ സമയം സിംഹവുമാണ് നമ്മൾ പലപ്പോഴും നമ്മളെ കുഞ്ഞാടാണല്ലോ എന്നുള്ള നിലയിൽ നമ്മൾ ഇതിലിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിക്കുമെന്നാൽ നിഷ്പക്ഷമായി നമ്മളെ കാണുന്ന ചില ആളുകൾ അയ്യോ ആ സഹോരൻ സഹോരി അവരെ എന്തിനു അങ്ങനെ ഒരു നിലപാടെടുത്തത് അവർക്ക് എന്ത് സാധ്യതയുണ്ടായിരുന്നു അവരൊക്കെ ഇതൊക്കെ നിസാരമായിട്ട് തള്ളി ഇങ്ങനൊരു കാര്യത്തിനായിട്ട് പോയല്ലോ അയ്യോ അങ്ങനൊരു നിലപാടെടുക്കണമെങ്കിൽ ഒരു സിംഹത്തിൻ്റെ കരളുറപ്പുണ്ടെങ്കിലേ പറ്റുകൊള്ളൂ അവരുടെ പലരുടെയും നോട്ടത്തിൽ സഹോദരി നീയൊരു സിംഹമാണ് സഹോദര നീയൊരു സിംഹമാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും ദൈവത്തെ സ്വദിക്കുകയും